श्री मति आचार्य ബ്രഹ്മവല്ലി ഇവിടെ ചർച്ച ചെയ്യുന്നത് സംക്രമണത്തെ കുറിച്ചാണ് ഇവിടെ സംക്രമണം എന്നാൽ ജ്ഞാനം സംക്രമണം എന്നുള്ളതിന് ജ്ഞാനം എന്നടുത്താമത് സംക്രമണം എന്ന് പറയുന്ന ശബ്ദത്തിന് വച്ചാർത്ഥം സംക്രമിക്കുക സഞ്ചരിക്കുക പ്രാപിക്കുക എന്നല്ല പക്ഷെ അർത്ഥം ഇവിടെ യോജിക്കത്തില്ല അതുകൊണ്ട് പറയുന്നത് തസ്മന്നപ്രാപ്തി സംക്രമണം മറിച്ച് എന്താണോ ആനന്ദമായ അന്തസ്തസർവാന്തരസ് ആകാശാദ്യ അന്നമയാതം കാര്യം സൃഷ്ടുവാന് പ്രവിഷ്ടസ് ഇതിനെല്ലാം സൃഷ്ടിച്ചിട്ട് ഇതിൽ പ്രവേശിച്ചത് ഹൃദയഗുഹ അവിസംബന്ധ ആ പ്രവേശിച്ചു ഹൃദയവുമായ സംബന്ധമുണ്ടായി അന്ധകർണവുമായ സംബന്ധമുണ്ടായി അതുകൊണ്ട് അന്നമയാദിഷു അനാത്മസ്വാത്മവിഭ്രമ അവിടെ വിഭ്രമുണ്ടായി അത് സംക്രമണേനെ ആത്മവിവേകജ്ഞാനോത്പത്തിനശിതി അത് ആത്മ വിവേകജ്ഞാനം കൊണ്ട് അത് നശിക്കുന്നു എന്താണ് സംക്രമണത്തെ കുറിച്ച് പറഞ്ഞത് അടുത്തു പറയുന്നത് നാം വിധേയ തശ്ചന വിദ്വാൻ വിദ്വാൻ ഭയക്കുന്നില്ല അത് വിശദീകരിച്ചുജ്യമാചയാദേയാദൃശ്യശേഷണ സഹൈവ മനസിനേ തം ബ്രഹ്മണ ആനന്ദം ശ്രോത്രീസ്രജനഹതം വിഷയവിഷയി സംബന്ധം വിനർമുക്തം സ്വാഭാവികം നിത്യം അവിഭക്തം പരമാനന്ദം ബ്രഹ്മണോ വിദ്വാൻ ബ്രഹ്മണെന്ന് പറയുന്നതിന്റെ വിശേഷണമായിട്ടാണ് അതെല്ലാം പറഞ്ഞത് ഇതെന്നറിയുന്നവൻ വിദ്വാൻ അറിയുന്നവൻ ബ്രഹ്മജ്ഞാനി വിഭോക്തി ഒന്നിൽ നിന്നും ഭയപ്പെടുന്നില്ല എന്നാണ് എന്തുകൊണ്ട് ഭയത്തിന് നിമിത്തമില്ല അതിനൊന്നിനെയും ഭയക്കേണ്ടതില്ല തസ്മാ വിദുഷന്യ വസ്തുതരം അസ്ഥി ഭിന്നം ഏതോ വിഭേദി എന്തുകൊണ്ടോ ഒന്നിനെയും ഭയക്കുന്നില്ല കാരണം വിദ്വാനെ സംബന്ധിച്ച് വസ്തുതരമില്ല മറ്റൊരു വസ്തുവില്ല തന്നെ അന്യമായിട്ട് ഭിന്നമായിട്ടൊന്നില്ല അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഭയക്കാം തന്നിൽ നിന്ന് അന്യമായിട്ട് മറ്റൊന്നും നിലനിൽക്കുന്നില്ല വാസ്തവത്തിൽ ഭയത്തിന് കാരണമായിരിക്കുന്നത് തന്നിൽ നിന്ന് അന്യമായതിനെങ്കിലും അറിയുമ്പോഴാണ് ഇപ്പൊ ശരീരത്തെ അറിയുന്നു ശരീരത്തെ അറിഞ്ഞാൽ ഭയക്കും കാരണം ശരീര നാശം അത് തൻ്റെ നാശമാണെന്ന് കരുതുന്നു അവിദ്യയാതാ ഉദരമന്ദരം ഗുരുതേ അതാ തസ് ഭയം ഭവതി ഇത് യുക്തം ഒരൽപ്പമെങ്കിലും ഭേദത്തെ സങ്കൽപ്പിച്ചാൽ അവന് ഭയമുണ്ടാകും ശരീരബോധം തന്നെ ഭയത്തെ ഉണ്ടാക്കുന്നു മകര തൻ്റെ ശരീരമാണ് തൻ്റെ ശരീര നാശം തന്റെ നാശമാണ് ആത്മവിച്ചേദം തന്റെ നാശം അതാണ് സർവഭയത്തിനും അടിസ്ഥാനമായിരിക്കുന്നത് തന്റെ നാശത്തെക്കുറിച്ചുള്ള ബോധം എല്ലാ ഭയവും തുടങ്ങുന്ന അവിടെ നിന്നാണ് ആത്മനാശം ഭയമായ വിഷയങ്ങൾ നമ്മൾ ഭയക്കുന്നുണ്ട് പക്ഷേ ആ ഭയവും വാസ്തവത്തിൽ എങ്ങനെയാണ് അത് തന്നെ നശിപ്പിക്കും പക്ഷെ ഇവിടെ ഭയത്തിന് നിമിത്തമായിരിക്കുന്നതാണ് ബാഹ്യമായ വിഷയങ്ങൾ ഭയക്കുന്ന വിഷയങ്ങളെല്ലാം ഭയത്തിന് നിമിത്തമായിരിക്കും പക്ഷെ അതിന് മൂല കാരണമെന്താണ് ആത്മനാശത്തെക്കുറിച്ചുള്ള ആ ബോധം തന്നശുവോ എന്നുള്ള ബോധം ബാഹ്യമായ നിമിത്തങ്ങൾ കൊണ്ടും താൻ നാശിക്കാം അതുകൊണ്ടാ നിമിത്തങ്ങളെയും ഭയക്കുന്നു തന്റെ നാശത്തെ ഭയക്കുന്നതുകൊണ്ടാണ് നിമിത്തങ്ങൾ ഭയക്കുന്നത് നേരിട്ടല്ല പുലിയെ ഭയക്കുന്നു എന്തുകൊണ്ട് അത് തന്റെ നാശത്തിന് കാരണമായിത്തീരുന്നു അപ്പോ നിമിത്തങ്ങളെന്ന് പറയുന്നത് നേരിട്ട് ഭയകാരണമല്ല അത് ആത്മനാശത്തിന് ഹേതുക്കളായതുകൊണ്ട് ആ നിലയ്ക്ക് അവയെ ഭയക്കുന്നു ത്യന്തികമായി ഭയം ആത്മനാശം എന്നുള്ള ബോധത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത് അത് ആ ഭയത്തെ രണ്ടു തരത്തിൽ ഒഴിവാക്കാം ഒന്ന് ഇവിടെ ആത്മവിദ്യ ഉണ്ട് അത് മുഖ്യമായി വരുന്നെന്താണ് ആത്മനാശം അത് സംഭവിക്കുന്നില്ല ഒരു നിമിത്തങ്ങൾ കൊണ്ടും സംഭവിക്കുന്നില്ല നയനം ചിന്തന്തി ശസ്ത്രാണി എന്നെല്ലാം പറയുന്നത് അതാണ് നയനന്ദഹതി പാവ തന്റെ നാശമേ സംഭവിക്കുന്നില്ല തന്റെ നാശത്തെക്കുറിച്ചുള്ള ബോധം അതില്ലാതാക്കുന്നു താൻ നിത്യമുക്ത ബുദ്ധസ്വരൂപനാണ് ആ ബോധം ആ ബോധത്തിൽ തന്റെ നാശം അങ്ങനെ ഒന്നും ഇല്ല ആ നാശത്തെ അറിവില്ല മറിച്ചാണ് അറിയുന്നത് നിത്യസ്വരൂപനാണ് അപ്പോ ഭയത്തിനുള്ള ആ മൂല കാരണം ആത്മനാശം എന്നുള്ള ആ ബോധം അതില്ലാതാവുന്നു രണ്ടാമത് നാനാത്വ ബോധം അതാണ് ഇവിടെ പറയുന്നത് തസ്മ വിദുഷോ അന്യന്തിരം അസ് അസ് ആത്മജ്ഞനെ സംബന്ധിച്ച് തന്നിൽ നിന്ന് അന്യമായൊരു വസ്തുവില്ല വസ്തുവാന്തരം അന്യമായ ഒന്നിനെ കണ്ടുകഴിഞ്ഞാൽ അതാണ് ഭയത്തിന് കാരണമായി തീരുന്നത് തന്നയമായി ഒന്നുമില്ല എന്ന് കഴിഞ്ഞാൽ ആത്മനാശത്തിന് നിമിത്തമില്ല അന്യമുണ്ടെങ്കിൽ നിമിത്തം വരും ആത്മനാശത്തിന് നിമിത്തമില്ലെങ്കിൽ ഏതെങ്കിലും നിമിത്തം കൊണ്ട് തന്റെ നാശം സംഭവിക്കും എന്നും ചിന്തിക്കാൻ കഴിയും സർവമാത്മാവ് തന്നെ സർവവും താണ്ടെങ്ങനെ തന്റെ നാശത്തിന് നിമിത്തമായും മറ്റൊരു വസ്തുവുണ്ടാവും തന്നിൽ നിന്നും ഭിന്നമായി ഇങ്ങനെ ഒരു വസ്തു തന്നെ നശിപ്പിക്കും നാന്യ വസ്തുതരം അതി ഭിന്നം തന്നിൽ നിന്നും അന്യമായും മറ്റൊരു വസ്തുവില്ല താൻ തന്നെയാണ് സർവവും അതുകൊണ്ട് നാശത്തിന് നിമിത്തമില്ല ആത്മനാശത്തെക്കുറിച്ച് പിന്നെ ശങ്കിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടും എന്താണോ ഏതോ ന വിഭേദി അങ്ങനെയുള്ള ഭിന്നമായ ഒന്നിൽ നിന്നും ഭയക്കുന്നില്ല ആത്മജ്ഞന് ആത്മനാശം കൊണ്ടോ ആത്മനാശത്തിൻ്റെ ബോധം കൊണ്ടോ ആത്മനാശത്തിൻ്റെ നിമിത്തങ്ങളെ കൊണ്ട് ബോധം കൊണ്ടോ ഭയം മറിച്ച് അവിദ്യയാ അജ്ഞാനം കൊണ്ട് യഥാദരമന്തിരം കൊണ്ട് ഒരല്പമെങ്കിൽ ഭേദം അയാൾ കാണുകയാണെങ്കിൽ അത് തസ്യ ഭയംഭവതി ഇവിടെ തന്നെ പറഞ്ഞു എന്നാലും ഭയം ഉണ്ടാകും വിദ്വാൻ ഭയക്കുന്നില്ല വിദ്വാനെ സംബന്ധിച്ച് പ്രപഞ്ചത്തിന്റെ പ്രതീതിയുണ്ട് പ്രപഞ്ചത്തിൻ്റെ വ്യവഹാരമുണ്ട് ദന്തവം കൊണ്ട് പ്രതീതിയുണ്ട് സർവത്മാവായി തന്നെ കാണുന്നു പക്ഷെ ശത്രുവിനെയും ഇത്തരത്തെയും ഒരുപോലെ വേണം കഴിയും തന്നെ പൂജിക്കാൻ വരുന്നവനെയും തന്നെ നശിപ്പിക്കാൻ വരുന്നവനെയും തിരിച്ചറിയുമല്ലോ ഇവൻ എന്നെ ആരാധിക്കാൻ വരികയാണ് ഇവൻ എന്നെ കൊല്ലാൻ വരികയാണ് അപ്പോ അവിടെ ഭയം വന്നുകൂടി എന്നുവെച്ചാൽ താല്പര്യം വിദ്വാന് ദ്വന്ദ് പ്രതീതി വിദ്വാനെ സംബന്ധിച്ചുകൊണ്ട് വിദ്വാനുറങ്ങുകയല്ലോ ഉണർന്നിരിക്കുകയാണ് അപ്പോൾ ഭയത്തിന്റെ നിമിത്തങ്ങളൊക്കെയാണ് തന്നെ ആരാധിക്കുന്നവനെ തിരിച്ചറിയാമെങ്കിൽ തന്നെ കൊല്ലാൻ വരുന്നവനെ തിരിച്ചറിയാം അപ്പൊ ഭയത്തിന്റെ നിമിത്തങ്ങൾ അവിടെ ഉണ്ടല്ലോ സർവവും ആത്മാവാണെന്ന് ബോധിച്ചാൽ അപ്പൊ അതിനെ ഭയക്കത്തില്ലേ വിദ്വാന്റെ മനസ്സിൽ വികാര വിചാരങ്ങളൊന്നും ഉണ്ടാകത്തില്ല വിദ്വാൻ വിശപ്പുന്താഹുമൊന്നും ഉണ്ടാകത്തില്ല നേരത്തെ ചർച്ച ചെയ്ത വിഷയമാണ് ഇപ്പം പ്രതീതി രൂപത്തിലെല്ലാം ഉണ്ടാകും വികാര വിചാരങ്ങളെല്ലാം പ്രതീതമായിരിക്കുന്നു ആത്മജ്ഞാനം അപ്രതീതി ഇല്ലാതാക്കുന്നില്ല പ്രതീതി ഇല്ലാതാക്കണമെങ്കിൽ ഉറങ്ങണം അല്ലെങ്കിൽ സമാധിയിൽ പ്രവേശിക്കുന്നു പ്രതീതമായി വരുന്നതും അതിനെ വാസ്തവത്തിൽ ഗ്രഹിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് വിദ്വാന് ഭയം ഇല്ല എന്ന് പറയുന്ന എന്തുകൊണ്ട് വിദ്വാന് ഭേദമില്ല പ്രപഞ്ചമേ ഇല്ല ഭയം എന്ന് പറയുന്നതും ഈ ദ്വന്ദ്ത്തിൻ്റെ ഒരു ഭാഗമാണ് ഭേദ പ്രപഞ്ചമില്ല പിന്നെ അവിടെ ഭയം മാത്രം എങ്ങനെ ഭയത്തിന് മാത്രം എങ്ങനെ ഉണ്മ്മയുണ്ടാവും അത് സാധ്യമല്ലല്ലോ വിദ്വാനെ സംബന്ധിച്ച് ദ്വന്വമേ ഇല്ല എന്ന ആത്മാവ് തന്നെ നന്ദി വസ്വന്തരീ സർവം സ്വസ്വരൂപം തന്നെ സർവത്തെയും ആത്മാവായി ഉദ്വൈതമേ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരജ്ഞൻ കാണുന്നത് പോലെ അത് സത്യമായിട്ടില്ല സത്യമായിട്ടില്ലാത്തത് കൊണ്ട് അവിടെ സത്യമായിട്ട് ബാഹ്യമായ പ്രപഞ്ചമോ ആന്തരികമായ വികാരങ്ങളോ ഇല്ല കാമക്രോധാദികളോ അത് ഉൾപ്പെടും ഭയം അതെല്ലാം മനസ്സിൻ്റെ പരിണാമങ്ങളാണ് മനസ്സിന്റെ അവസ്ഥാ വിശേഷങ്ങളാണ് അന്ന് സത്യമായിട്ടില്ല അതാണ് ഇവിടെ ഇല്ല എന്ന് പറയുന്നത് പ്രതീതി രൂപത്തിലുണ്ട് സർവവും പ്രതീതി രൂപത്തിലുണ്ട് പക്ഷേ പ്രതീതി രൂപത്തിലുള്ളതിനെ ആജ്ഞൻ കാണുന്നത് പോലെ അതിന് സത്യമായി വിദ്വാൻ ഗ്രഹിക്കുന്നില്ല ഉള്ളതായി കരുതുന്നില്ല കേവല പ്രതീതി മാത്രം അത് ശരീരം ഉള്ളിടത്തോളം സർവത്തിൻ്റെയും പ്രതീതി ഉണ്ടായിരിക്കും ആ പ്രതീതി ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങളുണ്ടായിരിക്കും കൊല്ലാൻ വന്നു കഴിഞ്ഞാൽ വിദ്വാനും ഓടി രക്ഷപ്പെടാൻ നോക്കും മാല എങ്ങോണ്ട് പൂജിക്കാൻ വന്നുകഴിഞ്ഞാൽ നിന്നോടും ഇതെല്ലാം എന്താണ് സത്യമായ വ്യവഹാരമല്ല കേവലമായ പ്രതീതിയെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങളാണ് അതുകൊണ്ട് വിദ്വാനിൽ ഭയമുണ്ട് കാമക്രോധാദികളുണ്ട് എന്ന് കരുതാൻ പാടില്ല അത് നിഴിലുമല്ല നേരുമല്ല അതുകൊണ്ട് അവനെ പറയുന്ന എന്താണത് അണുവചനീയമാണ് പ്രതീതി അത് വിദ്യുത് അനുഭവമാണ് അതിനാണ് ദുഷ്ടാന്തം പറയുന്ന മരുമരീജ് കേട് ദുഷ്ടാന് അതിന്റെ തത്വത്തെ ഗ്രഹിച്ചവൻ അവിടെ ജലത്തെ പ്രതീതിയുണ്ട് പക്ഷെ തത്വം എന്താണ് അജ്ഞനുമായിട്ടുള്ള വ്യത്യാസം എന്താണ് അജ്ഞൻ ജലം ഉണ്ട് എന്ന് ധരിക്കുന്നു അവന്റെ മനസ്സിലാബുദ്ധിയാണ് ജലം ഉണ്ടവിടെ അത് കുടിച്ച് ദാഹം മാറ്റാമെന്നാണ് അതിൽ ഉണ്മയുടെ ബോധമുണ്ട് അതിന്റെ തത്വത്തെ ഗ്രഹിക്കുന്നവനാണെങ്കിലോ അതിൽ അവന് നിശ്ചിതമായ ബോധമുണ്ട് അത് സത്യമല്ല സത്യമായിരിക്കുന്നത് കേവലം വെളിച്ചം മാത്രം അതാണതിന്റെ തത്വത്തെ അറിയുന്നവന്റെ അനുഭവം ആ ജലത്തെ കണ്ട് അജ്ഞാനിയിലുണ്ടാകുന്ന വികാര വിചാരങ്ങൾ ആ സത്യമാണെന്ന് കണ്ടു വരുന്ന വികാര അതിന്റെ തത്വത്വം അറിയുന്നവൻ ആ ജലത്തെ കണ്ടിട്ട് അവന്റെ മനസ്സിലുണ്ടാകുന്ന വികാര വിചാരങ്ങൾ അജ്ഞനാണെങ്കിലോ ആ ജലത്തെ കണ്ട് ആ ജലം കുടിക്കുന്നതിനു വേണ്ടി അതിന് സഞ്ചരിക്കും അതിനോട് അടുക്കും തോറും അതകന്നുകൊണ്ടിരിക്കും അവര് മരുഭൂമിയിലെ പ്രതിഭാസമാണ് അവന് ആഗ്രഹമുണ്ടാകുന്നു അത് ലഭിക്കാതെ വരുമ്പോൾ നിരാശ ഉണ്ടാകുന്നു അത് വലിയ ദുഃഖത്തിലേക്ക് നയിക്കുന്നു അവന് വിലപിക്കുന്നു അവനെ സംബന്ധിച്ച് വാസ്തവത്തിലില്ലാത്ത ജലത്തെ സംബന്ധിച്ച് അവൻ വിലപിക്കുന്നു അവൻ്റെ തത്വത്തെ അറിയുന്നവനാണെങ്കിലോ അവൻ ജലത്തിന് വേണ്ടി അങ്ങോട്ട് സഞ്ചരിക്കുന്നില്ല അതിൽ നിന്ന് ജലം ഇവിടെ ഭൂമിയിൽ പരിചയമുള്ള ഒരു യാത്രക്കാരനാണെങ്കിൽ അതിൽ നിന്ന് ജലത്തെ ആഗ്രഹിക്കുന്നില്ല ആദ്യം ആ മനസ്സ് ആ കാമത്തെ ആശ്രയിച്ചുള്ള പ്രവൃത്തികളില്ല അവനതിന്റെ തത്വം മനസ്സിലാക്കുന്നു അതിന്റെ പ്രതീതിയുണ്ട് പക്ഷെ അവനെ അത് ബന്ധിക്കുന്നില്ല അതിന് പിന്നാലെ പോകുന്നവനത് ബന്ധിക്കുന്നു ഇതാണ് ഇവിടെയും ഭയമില്ല എന്ന് പറയുന്നില്ല ഭയമില്ലെന്നോ വികാരങ്ങളില്ലെന്നോ വിചാരങ്ങളില്ലെന്നോ എല്ലാം പറഞ്ഞാൽ അതിന്റെ താല്പര്യം അതാണ് അതിന്റെ പ്രതീതിയില്ല എന്നർത്ഥമില്ല എവിടെ ഏതെ പ്രതീതി എന്ന് മനസ്സിലാക്കുന്നു അത് പിന്നെ അത് മനസ്സിലാക്കുന്നവന് ബന്ധിക്കുന്നില്ല പ്രതീതി എന്ന് ബോധ്യമാണ് സ്വപ്നത്തിലെ ദൃശ്യങ്ങളെല്ലാം ജാഗ്രതയിലേക്ക് വരുമ്പം മനസ്സിലാക്കുന്നത് കേവലം പ്രതീതി മാത്രം അത് ബോധ്യപ്പെട്ടുകഴിഞ്ഞാൽ പിന്നെ അത് അവനെ ബന്ധിക്കുന്നില്ല സ്വപ്നത്തിലെ പാൽപ്പായസം കഴിക്കാൻ അവൻ വീണ്ടും ജാഗ്രത ആഗ്രഹിക്കുന്നില്ല അതവനറിയ സ്വപ്ന സ്വപ്നത്തിലാണ് അവിടെ അത് കൊണ്ടായി അതവിടെ നശിച്ചു അതിവിടെയില്ല അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറഞ്ഞത് എന്താണ് പശുവാദിവിശ്ചാവിശേഷം തത്വജ്ഞൻ വ്യവഹാരത്തിൽ അജ്ഞനെപ്പോലെ തന്നെ അവിടെ എന്താണ് തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളമുള്ള വ്യവഹാരം കേവല ആ പ്രതീതി എന്ന് പറയുന്ന അജ്ഞനെപ്പോലെ തന്നെ ആരാധിക്കുമ്പോൾ അതിന് നിൽക്കുന്നു വിദ്വേഷിക്കുമ്പോൾ ഒഴിയുന്നു അത് കേവല പ്രതീതിയെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങളാണ് അല്ലാതെ സത്യബുദ്ധിയെ ആശ്രയിച്ചുള്ള വ്യവഹാരമല്ല അതുകൊണ്ട് വിദ്വാൻ ഭയമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും വിദ്വാൻ ഭയക്കുന്നതായി നമ്മൾ കാണുന്നുണ്ടല്ലോ വിദ്വാനെ ഹിംസിക്കാനായി ചെന്ന് കഴിഞ്ഞാൽ വിദ്വാൻ രക്ഷപ്പെടാൻ ഭയുണ്ടായിട്ടില്ല അല്ലെങ്കിൽ എന്തിനാ പ്രതീതി ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങൾ അതെങ്ങനെയാണോ മുമ്പ് സംഭവിച്ചുകൊണ്ടിരുന്നത് ഏറെക്കുറെ അതുപോലെ തത്വജ്ഞാനത്തിന് ശേഷം സംഭവിക്കുന്നു എന്നാലും ഞാനിൽ ഭയമില്ലേ അജ്ഞനിൽ ഭയമുണ്ട് ീ ഭയമില്ല ഇല്ലാത്ത ഭയത്തിനെന്തു പറയും ഭയത്തിന്റെ പ്രതീതി എന്ന് പറയും ഉള്ള ഭയത്തിന് എന്ത് പറയും അത് ഭയം എന്ന് പറയും ഇത് തന്നെയാണ് സർവ്വ വികാര വിചാരങ്ങളെ സംബന്ധിച്ച് അതുകൊണ്ടാണ് ഇല്ല എന്ന് പറയും തസ്മാഅ അന്യ വസ്തു വസ്തു ഭിന്നം ഏതോ വിഭ്യ അങ്ങനെ ഭയക്കാനായി യാതൊന്നും തന്നെ ഇല്ല മനസ്സിയ അജണ്ട കാര്യം പറയുന്നു യഥാമന്തരം കൂടുതൽ അതുഷ അവിദ്യകാര്യ തൈമരിക എന്ന വിധേയ്ക്ക് പുതിച്ച വിദ്വാനെ സംബന്ധിച്ചിടത്തോളം തിമിരദോഷം കൊണ്ട് വന്നതാണ് രണ്ടാമത്തെ ചന്ദ്രൻ ആ തിമിരദോഷത്തെ ദൂരീകരിച്ചു രണ്ടാമത്തെ ചന്ദ്രനും പോയി പിന്നെ ഒരു ചന്ദ്രനെ രണ്ട് ചന്ദ്രനില്ല അതുപോലെ അവിദ്യ കാര്യങ്ങളാണ് ഈ പ്രപഞ്ച അനുഭവം പ്രപഞ്ച അനുഭവം എന്ന് പറയുമ്പോൾ പ്രപഞ്ചം അനുഭവപ്പെടുക എന്നാൽ അത് അസത്യമായി അനുഭവപ്പെടുക അത് ഒരു അജ്ഞനെ സംബന്ധിച്ച് സാധ്യമല്ല അജ്ഞനെ സംബന്ധിച്ച് പ്രപഞ്ചം അനുഭവപ്പെടുന്നു സത്യമായി അനുഭവപ്പെടുന്നു പ്രപഞ്ചം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കെ അത് സത്യമായി അനുഭവപ്പെടുന്നില്ലെങ്കിൽ അതിന് ഇല്ല എന്ന് പറയാം ഒരു വസ്തു സത്യമായി അനുഭവപ്പെടുമ്പോഴേ ഉള്ളൂ അത് സത്യമായി അനുഭവപ്പെടുന്നില്ലെങ്കിൽ ഇല്ല എന്ന് പറയാം അങ്ങനെ ഒന്നില്ല തന്നെ സംബന്ധിച്ച് അതുകൊണ്ട് തത്വജ്ഞൻ പറയും എന്നെ സംബന്ധിച്ച് ആത്മാവ് മാത്രമേ ഉള്ളൂ പ്രപഞ്ചമില്ല അതെങ്ങനെ പറയാൻ പറ്റും ആത്മാവ് മാത്രമേ ഉള്ളൂ പ്രപഞ്ചമില്ല എന്ന് പിന്നെ ഇത് ആരോട് പറയുന്നു ആര് പറയുന്നു പ്രപഞ്ചമില്ല എന്ന് പറയണമെങ്കിൽ പ്രപഞ്ചത്തെ ആശ്രയിച്ചല്ലേ പറയാൻ പറ്റും ഇഞ്ചിനീയറിങ്ങൾ കർണങ്ങൾ ഇങ്ങനെയെല്ലാം ആശ്രയിച്ചു പിന്നെ പ്രപഞ്ചമില്ല എന്നിങ്ങനെ വിദ്വാനെ പറയാൻ കഴിയും അജ്ഞന്റെ അഭിപ്രായമാണ് പ്രപഞ്ചം ഉണ്ട് എന്നുള്ളത് അത് പ്രപഞ്ചത്തിന്റെ സത്യബുദ്ധി ആശ്രയിച്ച് പറയുന്നു അജ്ഞൻ ഇതുണ്ട് വിദ്വാൻ പറയുന്നു പ്രപഞ്ചമില്ല കാരണം പ്രപഞ്ചത്തിലുള്ള സത്യബുദ്ധിയെ വിദ്വാൻ ആശ്രയിക്കുന്നുണ്ട് അതുകൊണ്ട് പറയുന്നു അതിന്റെ അർത്ഥം പ്രപഞ്ച പ്രതീതി ഇല്ലെന്നുള്ളതല്ല അപ്പൊ പ്രപഞ്ചപ്രതീതി ഉണ്ടെങ്കിലും വിദ്വാനം പ്രപഞ്ചമില്ല എന്ന് പറയാം കാരണം പ്രപഞ്ചപ്രതീതി പ്രപഞ്ച സത്യത്വത്തെ ആശ്രയിക്കുന്നില്ല അതാണ് പ്രതീതി സത്യത്തെ ആശ്രയിക്കുന്നില്ല സ്വപ്നം ഇത് പ്രതീതിയാണ് അത് സത്യത്തെ ആശ്രയിച്ചില്ല അതുകൊണ്ടാണ് ഇപ്പോൾ അതും പറഞ്ഞുപോയത് അതുകൊണ്ടാണ് ജാഗ്രത അസംഭവമായ വിഷയങ്ങൾ അവിടെ പ്രതീതമാകുന്നത് സത്യത്തെ ആശ്രയിക്കാത്തത് അതങ്ങനെ സംഭവിക്കും സംഭവിക്കാൻ പാടില്ലാത്ത മനുഷ്യന് ചിറവുണ്ടാകുക സംഭവിക്കാൻ പറ്റിയ കാര്യമല്ല പക്ഷേ സ്വപ്നത്തിന് സംഭവിക്കും അപ്പൊ പ്രതീതി സത്യത്തെ ആശ്രയിച്ചല്ല പ്രതീതിയിൽ സത്യമില്ല പക്ഷേ അജ്ഞനെ സംബന്ധിച്ചിടത്തോളം സത്യമായിട്ടാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് അജ്ഞൻ ഏത് പ്രപഞ്ചത്തെയാണോ ഉണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ തന്റെ അജ്ഞാനാവസ്ഥയിൽ ഏത് പ്രപഞ്ചത്തെയാണോ താൻ ഉണ്ടെന്ന് അനുഭവിച്ചിരുന്നത് അതേ പ്രപഞ്ചത്തെ അതിന്റെ ഉണ്മയെ നിഷേധിക്കുകയാണ് തത്വജ്ഞാനീ പ്രപഞ്ചം ഇല്ല എന്ന് പറയുന്നത് സർവം ആത്മാവാണെന്ന് പറയുന്നത് പ്രതീതി നിഷേധിക്കുകയല്ല അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ പറയുന്ന കാര്യത്തിൽ വീണ്ടും വാശിക്കുഴപ്പുണ്ട് തത്വജ്ഞാനിക്ക് ദ്വിതീയ ചന്ദ്രൻ ഇല്ല എന്ന് പറഞ്ഞു തിമിരദോഷം മാറിയോ തിമിരദോഷമുള്ളതിന് രണ്ടാമതൊരു ചന്ദ്രന്റെ പ്രതീതിയുണ്ട് അത് രണ്ടാമത്തെ ചന്ദ്രനാണെന്ന് വേണം കരുതുന്നു ഇതെങ്ങനെ ചന്ദ്രൻ ഉണ്ടായി എന്ന് ചോദിക്കുന്നു കാരണം ഒരു നിമിഷത്തേക്കാണെങ്കിലും അയാൾ തോന്നിയതാ ആകാശത്തെ രണ്ട് ചന്ദ്രൻ അതൊന്നും ശരിയല്ല എന്ന് അടുത്ത നിമിഷം ബോധ്യപ്പെടും പക്ഷെ ഒരു നിമിഷം അയാൾക്ക് തോന്നി ഇതാ രണ്ട് ചന്ദ്രൻ ഇതങ്ങനെ ഇന്നലെ അവരെ ഒരു ചന്ദ്രനെ കണ്ടു രണ്ട് ചന്ദ്രനെ കണ്ടു അ ചോദ്യം എന്തുകൊണ്ട് വരുന്നോ എപ്പോഴാണോ അയാൾക്കത് അയാൾ അതിന് സത്യമായി ഗ്രഹിച്ചു രണ്ടാമതൊരു ചന്ദ്രൻ കൂടി അടുത്ത നിമിഷം അയാളുടെ വിവേകം ഉണ്ടെന്ന് പ്രവർത്തിക്കുന്നു എന്നിട്ട് പറയുന്നു രണ്ടാമതല്ല ഒന്നേ അത് വിവേകം ബോധിപ്പിച്ചാണ് ഇവിടെ പ്രപഞ്ചത്തെ സംബന്ധിച്ച് വിദ്വാനെ മറയുന്നില്ല അവിടെ വിവേകത്തിൽ രണ്ടാമത് ചന്ദ്രനെയും പറഞ്ഞു ആ പ്രതീതിയേ അത് പ്രതീതികളുടെ വിശേഷതയാണ് ഉപാധികളുടെ വിശേഷതയാണ് ഇവിടെ പ്രപഞ്ചത്തെ സംബന്ധിച്ച് അങ്ങനെ വേണ്ട തുടർന്നും അതിന്റെ പ്രതീതിയുണ്ട് ചന്ദ്രൻ നശിച്ചതുപോലെ അത് നശിച്ചില്ല ഭയത്തിന്റെ നിമിത്തങ്ങളെല്ലാം പ്രതീതമാകുന്നു പക്ഷേ ന വിഭേദി ഭയത്തിൽ നിന്നില്ല കാരണം അത് പ്രതീതമാകുന്നത് ഇത് സത്യമായിട്ട് ഉണ്മയായിട്ടല്ല പ്രതീതമാകുന്നു ഇല്ലാത്തതായിട്ടാണ് പ്രതീതമാകുന്നത് ജാഗ്രത്തിലിരുന്നുകൊണ്ട് സ്വപ്നം പ്രതീതമാകുന്ന പോലെ ഇല്ലാത്തതായി പ്രതീതമാകുന്നു അത് കൺമുമ്പിലില്ല പക്ഷേ അതിൻ്റെ സ്മരണയുണ്ട് ഇല്ലാത്തതുപോലെ ഇല്ലാന്ന് ബോധ്യപ്പെടുന്നുണ്ട് ജാഗരത്തിൽ അതുപോലെ ഇവിടെ ദ്വിതീയ ചന്ദ്രൻ നശിക്കുന്നത് പ്രപഞ്ചം നശിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രപഞ്ച പ്രതീതിയില്ലെന്നല്ല അർത്ഥം അവിടെ പ്രതീതിയുണ്ട് ണ്ടെങ്കിലും തത്വജ്ഞൻ പറയുന്നില്ല ഉണ്ടെന്ന് എന്തുകൊണ്ട് തത്വജ്ഞൻ അറിയാതെ ഇല്ല എന്ന് തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ദ്വിതീയ ചന്ദ്രപ്രതീതി സത്യമല്ല അതുപോലെ തത്വജ്ഞാനത്തിന് ശേഷം ഈ പ്രപഞ്ചപ്രതീതി സത്യമല്ല അതുകൊണ്ട് തത്വജ്ഞാനം ഒരിക്കലും എന്ന് പറയുന്നത് അതുകൊണ്ട് ഭയനിമിത്തം കേവലം പ്രതീതി മാത്രമായതുകൊണ്ട് അതിൽ നിന്ന് സത്യമായ ഭയത്തെ ഉണ്ടാക്കാൻ കഴിയില്ല അച്ഛൻ ഭയത്തെ അനുഭവിക്കുമ്പോൾ ആ ഭയം അവൻ സത്യമാണ് വാസ്തവത്തിൽ അവൻ ഭയക്കുന്നു ഇവിടെ എന്താണോ നിമിത്തം പ്രതീതിയാണ് പ്രകൃതിയുടെ സ്വഭാവം അനുസരിച്ച് കാര്യകാരണ ബന്ധമനുസരിച്ച് എന്ത് സംഭവിക്കാം നിമിത്തത്തിൽ നിന്ന് ഭയമുണ്ടാകാം പക്ഷേ ഞാനേ സംബന്ധിച്ച് ആ ഭയവും പ്രതീതിയാണ് എന്നർത്ഥം ഉണ്ടായാൽ എന്തുകൊണ്ട് ഭയമുണ്ട് ഞാൻ ഭയക്കുന്നു എന്നുള്ള സത്യാനുഭവമില്ല അജ്ഞനെപ്പോലെ നിമിത്തത്തിൽ നിന്ന് ഭയമുണ്ടാകാം വിശപ്പിനുള്ള നിമിത്തങ്ങൾ വന്നാൽ വിശപ്പ് ദാഹത്തിലുള്ള നിമിത്തങ്ങൾ വന്നാൽ ദാഹിക്കും അത് കന്തക്കണ്ണ ധർമ്മങ്ങൾ പക്ഷേ തത്വജ്ഞനീറയോ എന്താണ് അതൊന്നും തന്നിലല്ല അജ്ഞനങ്ങനെയുള്ള എനിക്ക് വിശപ്പ് എനിക്കിടാ അതുപോലെ ഇവിടെയും നക്കു തച്ഛന ഒന്നിനെയും ഭയക്കുന്നില്ല അത് വാസ്തവത്തിൽ നിലനിൽക്കുന്നില്ല എന്നർത്ഥം എന്നാലും നമ്മൾ ചോദിക്കും എന്നാലും ഭയം തുടങ്ങിയ വികാരങ്ങൾ മനസ്സിലുണ്ടാകാമോ കാരണം ഭയം തുടങ്ങിയ നമുക്കുള്ളതുകൊണ്ടാണ് അതിനെക്കുറിച്ച് നമുക്ക് ഉണ്ട് എന്നെ ചിന്തിക്കാൻ പറ്റും പ്രതീതി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അനുഭവപ്പെടുന്ന ഒന്നു അങ്ങനെ നമുക്ക് അനുഭവപ്പെടാറില്ല ഉണ്ടെന്നേ അനുഭവപ്പെടാറുണ്ട് ഇല്ല എന്ന് അനുഭവപ്പെടാറില്ല ഇവിടെ അങ്ങനെയല്ല ഭയനിമിത്തമായി എന്തെല്ലാം കാണുന്നു അതിൽ നിന്ന് വരുന്ന ഭയാധിപികാരങ്ങളുണ്ടോ സർവവും എന്താണോ ഇല്ലാത്തതാണോ അതിലൊന്നും ഉണ്മ്മ ബുദ്ധിയില്ല അതുകൊണ്ടാണ് പറയുന്നത് അല്ലെങ്കിൽ അതാണ് ഈ പറയുന്നതിന്റെ താല്പര്യം ന വിഭേദി കുത്തസ്തന വിഷ്യകാരുടെ പ്രത്യേകതയാണ് ഓരോ വാക്കിലും അദ്വൈതത്തെ പരമാവധി വെളിപ്പെടുത്തും ഓരോ വാചകത്തിലും ആദ്വൈത രഹസ്യമുണ്ട് അത് തന്നെയാണ് നിരന്തരം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിരന്തരം ആവർത്തിക്കുന്നത് ആ അദ്വൈത രഹസ്യം തന്നെ നമുക്കൊന്നിൽ നിന്ന് വെളിപ്പെടുന്നില്ല അതുകൊണ്ട് പലതിൽ നിന്നും വെളിപ്പെടുന്നില്ല എന്നേ ഉള്ളൂ അത് നമ്മുടെ മനസ്സിന്റെ തകരാറാണ് പക്ഷെ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാക്കിൽ പറഞ്ഞ തന്നെയാണ് പിന്നെ അനന്ത വാചകങ്ങളിലും പറയും നമ്മൾ കരുതുന്നു എനിക്ക് ഇതാദ്യം മനസ്സിലായില്ല ഇപ്പോ പിന്നീട് മനസ്സിലായി എന്ന് ആദ്യം പറയാത്തുകൊണ്ടോ വെളിപ്പെടുത്താത്തതുകൊണ്ടോ തന്നെ നമുക്ക് മനസ്സിലാകാത്ത അത് വെളിപ്പെടുത്തിയ അവിടെ പക്ഷെ മനസ്സിലാകും മനസ്സിലായതിനെങ്കിൽ നിരാശപ്പെടുന്നതിന് വേണ്ടി വീണ്ടും അത് ആവർത്തിക്കുന്നു വീണ്ടും വീണ്ടും വീണ്ടും ആവർത്തിയെ പിന്തുടരുമ്പോ നമുക്കത് വെളിപ്പെടുന്നതാണ് ശ്രവണം കഴിഞ്ഞ് മനനം നിധിതിഹാസനം എന്നെല്ലാം പറഞ്ഞിരുന്നു അതാവശ്യമാണ് അതുകൊണ്ട് ഇത് ഞാൻ കേട്ടു ശവിച്ചു അല്ലെങ്കിൽ വിമിഷത്ത് പഠിച്ചു എനിക്കെതിന്റെ താൽപ്പര്യം മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ നിരാശപ്പെടേണ്ട കാര്യമില്ല ഭാഷകാരൻ തന്നെ സ്വയം അതിന്റെ ആവർത്തിയെ കാണിച്ചിരിക്കുന്നു അത് സഫലമാണ് ആവർത്തി ആവർത്തിയിലൂടെ അത് ബോധ്യപ്പെടും മുമ്പ് എന്തിനെയാണോ ഗ്രഹിച്ചത് അത് ബോധ്യപ്പെടും ശ്രുതിൽ അല്ലെങ്കിൽ ഗുരുവിന്റെ ഉപദേശത്തിൽ അത് എത്ര ലഘുവായാലും ശരി അത് പരമമായ തത്വത്തെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് തനിക്ക് അത് ഗ്രഹിക്കാൻ പറ്റുന്നു തന്റെ മനസ്സിന് താര വീണ്ടും വിശദീകരിക്കുന്നു ഇതെല്ലാം തന്റെ മനസ്സിനെ പാകപ്പെടുത്താണ് പ്രവശത്തിൽ നിന്നും വേറൊരു വംശത്തിലേക്ക് നമ്മൾ പോകുന്നു തന്റെ മനസ്സിന്റെ പാകതയനുസരിച്ച് ഇത് തിന്റെ മർമ്മത്തെ ധരിക്കാൻ കഴിയുന്നു അതിനർത്ഥം അതുവരെ ധരിച്ചില്ല എന്നല്ല അതുവരെയും ധരിച്ചിരുന്നു അത് ധരിച്ചിട്ടും അതതിന്റെ പൂർണ്ണതയിലാകുന്നില്ല അതുകൊണ്ട് അത് ഇത് തിരിച്ചെടുത്ത് പറയും എപ്പോഴാണോ ഈ തത്വത്തെ നിങ്ങൾ ബോധിക്കുന്നത് ആദ്യമായി എവിടെ നീ ശരീരമല്ല ആത്മാവാണ് എന്നുള്ള തത്വത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു നിമിത്തത്തിൽ നിന്ന് എപ്പോഴാണോ ബോധിച്ചതോ അങ്ങനെ ഒരു അറിവ് തൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നത് വീണ്ടും നമ്മൾ പരാതിയുമായിട്ട് നടക്കുമോ അങ്ങനെ എന്തറിഞ്ഞു അറിഞ്ഞിട്ടും വീണ്ടും പഴയതുപോലെ തന്നെ ഞാൻ ശരീരത്തിൽ ഭിന്നനാണെന്നുള്ള അനുഭവം എനിക്കുണ്ടാകുന്നില്ല ഇത്തരം പരാതിയുമായിട്ട് നമ്മൾ ചുറ്റിത്തറങ്ങും കൃഷിയുടെ അതിഥത്തിൽ പറയുന്നത് എപ്പോഴാണോ അങ്ങനെ ഗ്രഹിച്ചത് ആ സമയം മുതൽ ഞാൻ തന്നെയാണ് ഞാനത് പ്രാപിച്ചു കഴിഞ്ഞു വർത്തമാന ജന്മത്തിൽ അത് പ്രാപിച്ചു കഴിഞ്ഞു കാരണം അതാണ് ബോധ്യപ്പെടുത്തിയത് ശ്രുതി ബോധ്യപ്പെടുത്തിയ അതാണ് കത്തമസി പക്ഷെ എന്നാലും അവിടെ അജ്ഞാന സംശയ വിവരങ്ങളെ സ്വയം സൃഷ്ടിച്ചുകൊണ്ടേ അതാണ് സംഭവിക്കുന്നത് ബോധ്യപ്പെട്ടിട്ടും അപ്പോൾ ആ ബോധ്യപ്പെടലിന്റെ പ്രയോജനം എന്താണ് അതിന്റെ പ്രയോജനം അജ്ഞാന സംശയങ്ങളെ ദൂരീകരിക്കുകയാണല്ലോ ഇത് ബോധ്യപ്പെട്ടിട്ടും വീണ്ടും അജ്ഞാന സംശയങ്ങൾ ദൂരീകരിച്ചില്ലെങ്കിൽ ഇതുകൊണ്ടെല്ലാം പ്രയോജനം ഇപ്പോൾ പ്രഥമ ശ്രവണത്തിൽ തന്നെ ആ തത്വത്തെ ഗ്രഹിച്ചെങ്കിലും ആ തത്വഗ്രഹണത്തോടൊപ്പം തന്നെ അജ്ഞാന സംശയോകര്യങ്ങൾ തുടരുന്നു അതാണ് പ്രശ്നം അതെങ്ങനെ തുടരും കാരണം ആ ഗ്രഹണം അജ്ഞാന സംശയങ്ങളെ ദൂരീകരിക്കുന്നതിന് പര്യാപ്തമായിരുന്നു അത്രയും അങ്ങനെ സംഭവിക്കും അത് പര്യാപ്തമായില്ല അതുകൊണ്ട് തുടരുന്നു സാധാരണ നമ്മളൊരു വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആദ്യം ചിലപ്പോൾ അത് സ്പഷ്ടമായി മനസ്സിലാവും ചിലപ്പോ അസ്പഷ്ടമായി മനസ്സിലാവും ആസ്പഷ്ടത കാലം ചെല്ലുമ്പോൾ മാറും വീണ്ടും അതിനെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കി വരുമ്പോൾ അസ്പഷ്ടത മാറും അതിനർത്ഥം ആദ്യം അത് ഗ്രഹിച്ചില്ലെന്നുള്ളതല്ല ഈ അസ്പഷ്ടത എന്ന് പറയുന്നത് എന്താണ് അതിനോടൊപ്പം ഈ അജ്ഞാന സംശയ വിപര്യങ്ങൾ നിൽക്കുന്നത് അല്ലെങ്കിൽ ആ ജ്ഞാനത്തിന് ഈ അജ്ഞാന സംശയങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കുന്നതിന് ശേഷിയില്ലാതെ അത് എപ്പോഴാണോ ആ ശേഷി കൈവരിക്കുന്നത് അപ്പോൾ ആ ജ്ഞാനം തന്നെ എന്ത് ചെയ്യുന്നു അജ്ഞാന സംശയങ്ങൾ ദൂരീകരിക്കുന്നു അതുകൊണ്ടൊരു ഭക്ഷ്യകാലം പറയും ശ്ലോകാർദ്ധ്യനം പ്രവക്ഷ്യാമിയെന്നും പറ്റും ഒരു വാക്കുകൊണ്ട് പറഞ്ഞത് തന്നെയാണ് ഞാൻ ആയിരം ഗ്രന്ഥങ്ങളെ കൊണ്ടും പറയുന്നത് വ്യത്യാസമൊന്നുമില്ല ശ്രോതാക്കൾ നാനാ തരത്തിലുള്ള അധികാരികളായതുകൊണ്ട് പലതരത്തിൽ പറയേണ്ടി വരുന്നു അത്രയുള്ള വ്യത്യാസം അതാണ് നാം വിഭേദി കുത്തശ്ചന എന്ന് പറയുന്നതിന്റെ താല്പര്യം അതുകൊണ്ട് ഈ ബ്രഹ്മത്തെക്കുറിച്ച് ആത്മാവിന്റെ ഏകത്വത്തെ കുറിച്ചെല്ലാം ഞാൻ കേട്ടു കേട്ടും ഭയമൊന്നും മാറുന്നില്ലല്ലോ എന്ന് പരാതിപ്പെട്ടിട്ട് കാര്യമുണ്ട് എന്താണോ ശ്രവിച്ചത് അത് തന്നെയാണ് അഭയസ്ഥാനം അഭയം പ്രതിഷ്ഠ എന്ന് പറഞ്ഞതാണ് അഭയപ്രതിഷ്ഠ സ്വരൂപപ്രതിഷ്ഠയാണ് സ്വയം അഭയസ്വരൂപന ആ തത്വജ്ഞാനോപദേശത്തിലൂടെ അഭയത്തെയാണ് ഗ്രഹിച്ചത് പക്ഷേ അജ്ഞാന സംശയം മാറ്റാനും കഴിയുന്നത് സൂര്യനാകാശത്ത് ജീവനും സൂര്യനോടയ്ക്ക് മേഘങ്ങളുണ്ട് സൂര്യന്റെ പ്രകാശത്ത് പൂർണ്ണമായി കരിക്കാൻ കഴിയുന്നില്ല എന്നാൽ പ്രകാശമുണ്ട് ശക്തമായ മേ കാറ്റ് വന്ന ആ മേഘങ്ങളെ അടിച്ചു മാറ്റിയാൽ സൂര്യനെ പ്രകാശി സൂര്യൻ പൂർണ്ണരൂപത്തിൽ പ്രകാശിക്കും സൂര്യൻ പൂർണ്ണരൂപത്തിൽ പ്രകാശിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നു അപ്പോൾ മേഘങ്ങളുടെ സ്ഥാനത്താണ് ഈ സംശയങ്ങൾ അതിനെ പൂർണ്ണമായും നിരാകരിച്ചാൽ അങ്ങനെ നിരാകരിക്കുന്നതിന് എന്തെങ്കിലും എളുപ്പവിദ്യയുണ്ടോ എനിക്ക് കൂടുതൽ സമയമൊന്നും ചെലവഴിക്കാനില്ല ഒരാൾ പറഞ്ഞു എനിക്ക് തത്വജ്ഞാനം വേണം മോക്ഷം വേണം പക്ഷേ ലീവെല്ലാം തീർന്നുപോയി ലീവെല്ലാം തീർന്നു അതുകൊണ്ട് ഉടൻ തന്നെ വേണം ഇനി ലീവെടുത്തിട്ട് ഇവിടെ വന്നിരുന്ന് വേദാന്തം പഠിക്കാനൊന്നും എനിക്ക് കഴിയത്തില്ല അങ്ങനെ കഷ്ടപ്പെടാനും ഞാൻ സാധ്യമല്ല കാരണം ഇതിനെക്കുറിച്ച് എനിക്കറിയാം ഇത് അജ്ഞാനത്തെ നീക്കി ആനന്ദത്തെ നൽകുന്നതാണെന്ന് എനിക്കറിയാം അതിനുവേണ്ടി വളരെ കാലം പരിശ്രമിക്കുകയോ ജന്മം മുഴുവൻ പരിശ്രമിക്കുകയോ എന്നിട്ട് ഇതെല്ലാം മാറ്റുക അതെനിക്ക് സാധ്യമല്ല എനിക്കത് ഉടനെ വേണം താൻ ഉടനെ എന്ന് പറയുമ്പോൾ താൻ അതിൻ്റെ അധികാരിയാണെങ്കിൽ അതിന്റെ കാലതാമസം അവിടെ വരുന്നില്ല അത് പ്രകാശിക്കുന്നു അധികാരി അല്ലെങ്കിൽ കാലതാമസം വരും അപ്പൊ ലീവ് എടുക്കേണ്ടി വരും പ്രതീക്ഷിക്കേണ്ടി വരും പരിശ്രമം വേണ്ടിവരും അജ്ഞാന സംശയങ്ങളെ ദൂരീകരിക്കേണ്ടി വരും ഏത് വിദ്യയാണോ തന്നെ പ്രാപിച്ചത് അത് അജ്ഞാന സംശയങ്ങളെ ദൂരീകരിക്കത്തക്കതായി മാറണം അതിനുവേണ്ടിയാണ് എന്ത് ഭാഷ്യകാരൻ ഒരു വാക്കിൽ ഇതിന്റെ എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുത്തിയെങ്കിലും വീണ്ടും ഇത് ആവർത്തിക്കുന്നു വീണ്ടും വീണ്ടും അതിനെ തന്നെ വെളിപ്പെടുത്തുന്നു ഒരു പുനഷത്ത് വ്യാഖ്യാനിച്ചിട്ട് മതിയാകാതെ വീണ്ടും വ്യാഖ്യാനിക്കുന്നു ഇതെല്ലാം വീണ്ടും വീണ്ടും ആവശ്യമായി വരുന്നു ഇതൊക്കെ എത്ര കാലം അതേ പറയാൻ പറ്റും മനുഷ്യന്റെ ബുദ്ധിക്ക് അതറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് അദ്വൈതം കേട്ടു ഭയ നിവൃത്തി ഉണ്ടായില്ല ഇനി ഇതെന്നാ ഉണ്ടാകുന്നത് ഇതെങ്ങനെ ഉണ്ടാകും നമ്മൾ കേൾക്കുന്നുണ്ട് അദ്വൈതത്തെ പക്ഷെ അതിൻ്റെ മർമ്മത്തെ ഗ്രഹിക്കുന്നില്ല ഏത് ഒരു ജ്ഞാനം ആ കേൾവിയിൽ നിന്ന് ശ്രവണത്തിൽ നിന്ന് ഉണ്ടായാലാണോ ഈ സംശയങ്ങൾ അജ്ഞാന സംശയ മാറുന്നത് ആ ജ്ഞാനം അത് ഗ്രഹിക്കുന്നില്ല അതാണ് നമ്മുടെ അനുഭവം എന്താണോ ഇന്നലെ അറിഞ്ഞതിൽ നിന്നും കൂടുതൽ വ്യക്തമായി ഇന്നറിയും ഇന്ന് കൃതകൃത്യതായിരിക്കുന്നു പക്ഷെ നാളെ വീണ്ടും കൂടുതൽ വ്യക്തമായി അറിയും അപ്പൊ ഇന്നത്തെ കൃതകൃത്യത അത് അപൂർണമാണെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇത് വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതുതന്നെ ശ്രോതവ്യോ മന്ദവ്യോ നിതിധ്യാസിതവ്യോ ഏതുവരെ ആ അജ്ഞാന സംശയങ്ങൾ പൂർണ്ണമായും മാറുന്നത് വരെ ഇനി ഇതിൽ അറിയാനൊന്നുമില്ല എന്ന് സ്വയം ബോധ്യപ്പെടുന്നത് വരെ ആ ബോധ്യപ്പെടലേ ഉള്ളൂ അവസാനം താൻ തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചു വരും അതിനെ വിശേഷിച്ചൊന്നും സംഭവിക്കത്തില്ല എന്താ എങ്ങനെയാണ് തുടങ്ങിയത് തനി ശരീരമല്ല ആത്മാവാണ് താൻ നിത്യശുദ്ധ മുക്തനാണ് ഇതെല്ലാം കേവലം പ്രതീതി മാത്രമാണ് ഇതിൽ സത്യമല്ല ഇതെല്ലാം ആത്മസ്വരൂപം തന്നെ ഇതാണ് ഇതിലാണ് നമ്മൾ തുടങ്ങിയത് അവസാനം എത്തി നിൽക്കുന്നത് ഇവിടെ തന്നെ പക്ഷെ ഇവിടെ ഇപ്പോ ഈ ജ്ഞാനം നിലനിൽക്കുന്നു അതേസമയം അതിൽ തന്നെ സംശയങ്ങൾ നിൽക്കുന്നു നമ്മൾ പറയും അത് പറയും അത് ജ്ഞാനം ഉണ്ടായി പക്ഷെ അനുഭവമില്ല ജ്ഞാനമുണ്ട് പക്ഷെ അനുഭവമില്ല എന്ന് പറയും അത് ജ്ഞാനത്തെ സംബന്ധിച്ച് ഒരിക്കലും പറയാൻ കഴിയത്തില്ല വിഷയങ്ങളെ സംബന്ധിച്ച് പറയാം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ് ജ്ഞാനമുണ്ടായി അനുഭവമില്ലാതിരിക്കാതെ സംഭവിക്കത്തില്ല പക്ഷെ വിഷയത്തെ സംബന്ധിച്ചുണ്ടാവും ഹിമാലയത്തെക്കുറിച്ച് ഇവിടെ ഇരുന്നു ഒരുപാട് ജ്ഞാനത്തെ സമ്പാദിച്ചു ജ്ഞാനമുണ്ട് പക്ഷേ ഹിമാലയത്തിൻ്റെ അനുഭവമില്ല അത് ശരിയാണ് ഹിമാലയത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായി പക്ഷേ ഹിമാലയത്തെക്കുറിച്ചുള്ള അനുഭവമില്ല എന്തുകൊണ്ട് ഹിമാലയം പ്രത്യക്ഷമല്ല ഹിമാലയം പ്രത്യക്ഷത്തിന് വിഷയമാകുന്ന ഒരു വസ്തുവാണ് അത് ചക്ഷുരേന്ദ്രിയ സന്നിഖർഷം ചക്ഷുരേന്ദ്രിയും അതുമായിട്ടൊന്ന് ബന്ധപ്പെടുമ്പോ അപ്പോ പറയാം എന്താണ് ഹിമാലയം പ്രത്യക്ഷമായി അതുവരെ അതുവരെ എന്തായിരുന്നു അനേക പുസ്തകങ്ങൾ ഹിമാലയത്തെക്കുറിച്ച് പഠിച്ചപ്പോ അതുവരെ എന്താണ് സംഭവിച്ചത് ഹിമാലയം പ്രത്യക്ഷമായില്ലെന്നേ ഉള്ളു അതുവരെ ഹിമാലയത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായിരുന്നു എനിക്ക് ഹിമാലയജ്ഞാനം ഇല്ലായിരുന്നെന്ന് പറയാൻ പറ്റും ഇല്ല എന്തുകൊണ്ട് പറയാൻ പറ്റത്തില്ല കാരണം ഹിമാലയത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായാൽ അത് പ്രത്യക്ഷമായേ ജ്ഞാനത്തിന്റെ സ്വഭാവമാണ് വെളിച്ചത്തിന് ഇരുട്ടായിരിക്കാൻ കഴിയത്തില്ല വെളിച്ചം എപ്പോഴും വെളിച്ചമായേ ഇരിക്കൂ ചില സമയത്ത് മറ്റു പല കാരണങ്ങളും കൊണ്ട് വെളിച്ചത്തിൽ നമ്മൾ കാണേണ്ട വസ്തുക്കൾ കാണാതിരിക്കും ഹിമാലയത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തെ ആർജിക്കുമ്പോൾ ജ്ഞാനം അപ്രത്യക്ഷമായിരിക്കുന്നില്ല ജ്ഞാനം എപ്പോഴും അപരോക്ഷമാണ് ജ്ഞാനത്തിനൊരിക്കലും പരോക്ഷമാകാൻ കഴിയത്തില്ല പക്ഷെ ജ്ഞാന വിഷയങ്ങൾ പരോക്ഷമായും അപരോക്ഷമായും ഇരിക്കും ഹിമാലയത്തെ നേരിട്ട് കാണുന്നതുവരെ പ്രത്യക്ഷമാക്കുന്നതുവരെ ഹിമാലയം പരോക്ഷമാണ് ഹിമാലയത്തെ കാണുമ്പോൾ അത് അപരോക്ഷമാണ് അത് ജ്ഞാനത്തിലല്ല സംഭവിക്കുന്നത് ജ്ഞാനത്തിന്റെ വിഷയത്തിലാണ് അവിടെ പറയാൻ എന്താണ് ഹിമാലയത്തിന്റെ അനുഭവം എനിക്കുണ്ടായി ഇതുവരെ ഹിമാലയത്തെ ജ്ഞാനമേ ഉണ്ടായിരുന്നു ജ്ഞാനം ഇല്ലായിരുന്നെന്ന് പറയാൻ പറ്റും ഇല്ല എന്തുകൊണ്ട് കാരണം ജ്ഞാനം പ്രത്യക്ഷമാണ് വിനെന്താ അവിടെ പോരായ്മ വന്നത് എന്തുകൊണ്ട് ആ ജ്ഞാനത്തിൽ സംതൃപ്തനാകുന്നില്ല ആ ശേഷം വീണ്ടും സഞ്ചരിക്കുന്നു ഹിമാലയത്തിൽ പോയി അതിനെ പ്രത്യക്ഷമാക്കുന്നു എന്തുകൊണ്ട് ആ ജ്ഞാനത്തോടൊപ്പം തന്നെ ഹിമാലയത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ അജ്ഞാനങ്ങൾ വിഭ്രമങ്ങൾ പലതുമുണ്ട് നേരിട്ട് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതും ഒരു വലിയ തന്നെയാണ് നമ്മൾ വിചാരിച്ചതുപോലെയല്ല അതുവരെ ഉണ്ടായിരുന്ന എന്താണ് അവിടെ ഹിമാലയം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വലിയ പർവ്വതം അതിൻ്റെ മുകളിൽ വലിയ ജഡയൊക്കെ വെച്ച ആൾക്കാരിൽ നിന്ന് തപസ് ചെയ്യുന്നു അവിടെ ചെന്ന് മനസ്സിലാവുന്നത് നിറയെ സായിപ്പന്മാരാണ് മുഴുവൻ ബിസിനസ്സാണ് നടക്കുന്നത് ഇത് നേരിട്ട് കണ്ടാലേ ബോധ്യപ്പെടും അതുവരെ എന്തായിരുന്നു ഇതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങളും വാജ്ഞാനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ച് ഹിമാലയത്തിന്റെ ജ്ഞാനം ഇല്ലെന്നാണോ അതിനർത്ഥം ജ്ഞാനമുണ്ട് ജ്ഞാനത്തോടൊപ്പം സംശയ വിഭ്രമ വിപര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പ്രത്യക്ഷമാകാം എന്നുള്ള ഒരു വിഷയത്തിൽ ഇതാണ് സ്ഥിതി വിഷയം അപ്രത്യക്ഷമായിരിക്കുന്നു ജ്ഞാനും പ്രത്യക്ഷമായിരിക്കുന്നു കഥാ സർവദത്മാവിനെ സംബന്ധിച്ച് കേൾക്കുമ്പോഴോ ഇത് തന്നെയാണ് ഒരു വ്യത്യാസം ആത്മാവിനെ സംബന്ധിച്ച് എങ്ങനെ ബോധിപ്പിക്കുന്നു ആത്മാവിന്റെ വാസ്തവ സ്വരൂപത്തെയാണ് ഈ ശ്രുതി ബോധിപ്പിക്കുന്നത് ഹിമാലയത്തെ ബോധിപ്പിക്കുന്നത് പോലെ നമ്മളെന്തെങ്കിലും വിഭ്രമങ്ങൾ ബോധിപ്പിക്കുകയാണ് അന്റെ വാസ്തവ രൂപത്തെ ബോധിപ്പിക്കുന്നു എങ്ങനെ അതിനിത്യമാണ് ശുദ്ധമാണ് മുക്തമാണ് അതാണ് നിന്റെ യഥാർത്ഥ സ്വരൂപം എന്നിങ്ങനെ ബോധിക്കുന്നു അത് ബോധിച്ചോ അതിൻ്റെ ബോധം ആത്മാവ് നിത്യമാണ് തന്റെ സ്വരൂപമാണെന്ന് ആ ബോധം അതിന് മറിഞ്ഞിരിക്കാൻ പറ്റത്തില്ല ആ ബോധം അത് അപരോക്ഷമാണ് അത് സ്വയം അനുഭവമാണ് ആ ബോധം എന്തുകൊണ്ട് ഹിമാലയത്തെക്കുറിച്ചുള്ള ബോധം പോലും അപരോക്ഷമാണ് പ്രത്യക്ഷമാണ് ഹിമാലയം എന്ന് പറയുന്ന വിഷയമാണ് അപ്രത്യക്ഷമായിരുന്നു ഞാനും അപ്രത്യക്ഷമായിരുന്നു അതുകൊണ്ട് ആത്മാവിനെ കുറിച്ച് ശാസ്ത്രം അല്ലെങ്കിൽ ഗുരു ബോധിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ബോധം അതിൽ നിന്ന് എന്തെങ്കിലും ബോധമുണ്ടായാൽ എന്തുകൊണ്ടങ്ങനെ പറയുന്നു എന്തെങ്കിലും ബോധം ഗുരു ഉപദേശിച്ചു താൻ ഉറങ്ങിപ്പോയി ബോധം ഉണ്ടായില്ലല്ലോ ഗുരു പറഞ്ഞു ആ ഭാഷ എനിക്ക് പരിചയമില്ലാത്തതാണ് ബോധം ഉണ്ടായില്ല അങ്ങനെയൊക്കെ സംഭവിക്കും തനിക്ക് പരിചയമുള്ള ഭാഷയിൽ ഗുരു അതിനെ ബോധിപ്പിക്കുമ്പോൾ അവനുണ്ടാകുന്ന ആ ബോധം ജ്ഞാനം അത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അത് പ്രഥമ ശ്രവണത്തിൽ തന്നെ അതിന്റെ അപരോക്ഷതയുണ്ടാകും പിന്നെന്താ പ്രശ്നം പറയുന്നു പരാതി പറയുന്നത് എന്തുകൊണ്ട് ബോധിച്ചെങ്കിലും എനിക്ക് അനുഭവം ഉണ്ടായില്ല അതാണ് നമ്മൾ പറയുന്നത് ആ സ്വാമി കുറച്ച് പ്രശ്നമൊക്കെ വായിച്ച് വ്യാഖ്യാനിച്ചു അതുകൊണ്ട് എനിക്ക് വിശേഷിച്ചൊരു അനുഭവം ഉണ്ടായില്ല ആ വ്യാഖ്യാനിച്ചാലും അനുഭവമില്ല എന്ന് തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു എന്ന് നമ്മൾ പരാതിപ്പെടുന്ന എന്തുകൊണ്ട് അത് നമ്മുടെ ഒരു അനുഭവമാണല്ലോ എനിക്ക് അനുഭവമില്ല എന്നുള്ളത് അത് ഹിമാലയത്തെ സംബന്ധിച്ച് സംഭവിച്ചതുപോലെ തന്നെയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോ ജ്ഞാനം ഹിമാലയത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായിരുന്നു അപരോക്ഷമായതല്ല പക്ഷേ കുറെ വിഭ്രാന്തികൾ സംശയങ്ങൾ അജ്ഞാനം ഇതെല്ലാം അതിനോടൊപ്പം ഉണ്ടായിരുന്നു വെളിച്ചത്തിനോടൊപ്പം നിഴലിരിക്കുന്നത് പോലെ അതുപോലെ ഇവിടെയും ആത്മാവിനെ സംബന്ധിച്ച് ബോധിക്കുമ്പോൾ ബോധിപ്പിക്കുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന ജ്ഞാനം അതപരോക്ഷമാണ് കാരണം ജ്ഞാനത്തിന് അപരോക്ഷമായിരിക്കാനേ പറ്റൂ പരോക്ഷമായി ജ്ഞാനത്തിന് ഇരിക്കാൻ പറ്റത്തില്ല വെളിച്ചത്തിന് വെളിച്ചമായി ഇരിക്കാൻ പറ്റും വിരളായിരിക്കാൻ പറ്റത്തില്ല എന്നാൽ ജ്ഞാനത്തിന് മറയ്ക്കാൻ വേറെ ഒന്നിനും ശക്തിയില്ല അങ്ങനെയാണെങ്കിൽ എന്റെ ഉള്ളിലൊരു ജ്ഞാനം ഉണ്ടാകുക ഞാനത് അറിയാതിരിക്കുക അത് സംഭവിക്കുന്നു അത് സംഭവിക്കാറില്ല ഏത് ജ്ഞാനവും ആനയെ കുറിച്ചോ കുതിരയെക്കുറിച്ചോ ഞാനും ഉണ്ടായി ഞാൻ അറിഞ്ഞില്ല അത് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് സൃഷ്ടിന് ഞാനും ഇല്ല സൃഷ്ടി ഞാനുണ്ടായാൽ അറിയും അറിഞ്ഞാൽ അത് ഉണർവ് ഉറക്കത്തിൽ നിന്ന് ഉണരുക എന്ന് പറയുന്നു സൃഷ്ടി ഞാനുണ്ടായപ്പോൾ ഉണർന്നത് ജ്ഞാനത്തിന്റെ സ്വഭാവമാണ് അത് അപരോക്ഷമായേ ഇരിക്കുന്നുള്ളു അങ്ങനെ ഇരിക്കുന്നത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ അത് ബ്രഹ്മത്തിന്റെ സ്വഭാവമാണ് അഗ്നിയുടെ സ്വഭാവമാണ് വെളിച്ചം അതിന് മാറാൻ പറ്റത്തില്ല അതുപോലെ ബ്രഹ്മസ്വഭാവമാണെന്ന് തോന്നുന്നു ജ്ഞാനം അതിന് അതല്ലാതാകാൻ പറ്റത്തില്ല ഈശ്വര സൃഷ്ടമായ ഒരു പദാർത്ഥത്തിനും സ്വയം അതല്ലാതാകാൻ പറ്റത്തില്ല അപ്പോൾ സർവ്വകാരണമായിരിക്കുന്ന ജ്ഞാനത്തിന് പറ്റും അത് അപരോക്ഷം തന്നെയാണ് പക്ഷേ അതോടൊപ്പം ഈ വേണ്ട അധീനങ്ങളുമുണ്ട് അതുകൊണ്ട് നമ്മൾ പരാതിപ്പെടുന്നു എന്താണ് എനിക്ക് അനുഭവമില്ല എന്ന് പറയുന്നു എന്തിന്റെ അനുഭവമില്ല ബ്രഹ്മത്തിന്റെ അനുഭവമാണോ അത് ഹിമാലയം പോലെയല്ല അത് ജ്ഞാനത്തിന്റെ വിഷയമല്ല അത് അതുകൊണ്ടൊരിക്കലും അതിന്റെ അനുഭവം ഉണ്ടാകാനേ പോകുന്നില്ല അത് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല എന്തുകൊണ്ട് അത് അനുഭവ സ്വരൂപമാണ് മുമ്പ് പറഞ്ഞുതന്നെ ഞാൻ വേറൊരു ജാൻ തലയ്ക്കകത്ത് അടിച്ച് കേറ്റാൻ ശ്രമിക്കുകയാണ് വിജയിക്കുകയോ പരാജയപ്പെടുകയോ എന്ന് എനിക്ക് തന്നെ നിശ്ചയം അവിടെ എന്താണോ ആ ജ്ഞാനം അപരോക്ഷമായി തന്നെ ഇരിക്കുന്നു അപരോക്ഷം എന്ന് വെച്ചാൽ അനുഭവ രൂപത്തിൽ തന്നെയിരിക്കുന്നു പിന്നെ എന്താ അനുഭവം ആകാതിരിക്കുന്നത് ബ്രഹ്മം അപ്പോൾ അതിനെ അനുഭവമാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നിരാശപ്പെടേണ്ടി വരും എന്നും നമുക്ക് പരാതിപ്പെടേണ്ടി വരും എനിക്ക് ബ്രഹ്മത്തിന്റെ അനുഭവം ഉണ്ടായില്ലല്ലോ അതുകൊണ്ട് ഭാഷകാരൻ പറയുന്നു ഇവിടെ അതാ സന്ദർഭം മനസ്സാ സഹ ബുദ്ധി അവിടെ പിൻവാങ്ങുന്നു അവിടെ നമ്മൾ ബുദ്ധിയെ പ്രയോഗിക്കാൻ ബുദ്ധി അങ്ങോട്ട് ചെലുത്താൻ ശ്രമിക്കുന്നു എവിടെ നിന്നാണോ ബുദ്ധി പിൻവാങ്ങുന്നത് അവിടെ ബുദ്ധിയെ പ്രയോഗിക്കുന്നു നിഷ്പ്രയോജനമാണ് അതൊരിക്കലും നടക്കത്തില്ല ബുദ്ധിക്കത് വിഷയമാകത്തില്ല പിന്നെ അനുഭവമില്ല എന്ന് നമ്മൾ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു കാരണം നിരന്തരം നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് വിഷയങ്ങളെ സംബന്ധിച്ചാണ് വിഷയങ്ങൾ നിരന്തരം അനുഭവമായിക്കൊണ്ടേയിരിക്കും ഉണർന്നാൾ ഉറങ്ങുന്നത് പോലെ സ്വപ്നത്തിൽ അപ്പോൾ ഈ വിഷയാനുഭവങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഉറപ്പുണ്ട് ഞാൻ ഈ മാലയത്തെ അറിഞ്ഞു അ ദൃഢതയുണ്ട് ഇതുപോലെ ഒരു ദൃഢത വിഷയാനുഭവം പോലെയുള്ള ഒരു അനുഭവം ബ്രഹ്മത്തിനും വേണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് തെറ്റുക എന്തുകൊണ്ട് ശ്രുതിയുടെ വാക്യം ഗുരുക്കന്മാരുടെ ഉപദേശം എല്ലാം നമ്മൾ ഗ്രഹിച്ചപ്പോ നമ്മളുടെ അജ്ഞാന സംശയങ്ങളോടുകൂടിയാഗ്രഹിച്ചത് വിഭ്രഹ്മത്തോടു കൂടി ആഗ്രഹിച്ചത് അത് നമ്മൾ തെറ്റിദ്ധരിച്ചു എന്താണ് അത് ആ ബ്രഹ്മത്തിനെ വിഷയമാക്കുന്ന കാര്യമാണ് ഇവർ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ബ്രഹ്മത്തിന്റെ അനുഭവം ഉണ്ടാക്കണം ഹിമാലയത്തെ പോലെ തന്നെ സാക്ഷാത്കരിക്കണം ഇതാണ് ഗുരുക്കന്മാരുടെ ഉപദേശത്തിന്റെ താല്പര്യം നമ്മൾ ഭ്രമിക്കുന്നു അതല്ല താല്പര്യം സബ്ഗുരുക്കന്മാരുടെ ഉപദേശത്തിൽ അങ്ങനെ ഒരു താല്പര്യമുണ്ട് അവരെല്ലാം ശ്രുതിയുടെ താല്പര്യമാണെന്ന് പറയുന്നത് എന്താണ് മനസ്സാസഹ മനസ് അവിടെ നിന്ന് പ്രവർത്തിക്കുന്നു അത് സ്വയം സാക്ഷാത്കാര സ്വരൂപമാണ് അതിനെ ഇനി സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല പിന്നെന്താണ് നമ്മുടെ കയ്യിലുള്ളത് അതിനെക്കുറിച്ചുള്ള ജ്ഞാനം ആ ജ്ഞാനം അതും സ്വയം അപരോക്ഷ സ്വരൂപമാണ് അത് പരോക്ഷമല്ല എന്നാൽ പിന്നെ ഈ അജ്ഞാന സംശയവിപര്യങ്ങൾ എങ്ങനെ ഇല്ലാതാകും അത് അത് ദൂരീകരിക്കുന്നങ്ങനെ മനസ്സിലായി ഹിമാലയത്തിൽ നേരിട്ട് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്നതാണിത് പിന്നെ അവിടെ അജ്ഞാന സംശയവിവര്യങ്ങളൊന്നുമില്ല നമ്മൾ അറിഞ്ഞിടത്തോളം കാര്യങ്ങളിൽ അജ്ഞാന സംശയവിര്യങ്ങളൊന്നുമില്ല അതുപോലെ ശ്രുതി വെളിപ്പെടുത്തിയടത്തോളം അത് നമുക്ക് വെളിപ്പെട്ടിടത്തോളം അവിടെ അജ്ഞാന സംശയകാര്യങ്ങളൊന്നുമില്ല എങ്ങനെ വെളിപ്പെടുത്തി അത് വിഷയമാകത്തില്ല അത് സാക്ഷാത്കാരത്തിന്റെ വിഷയമല്ല സ്വയം സാക്ഷാത്കാര സ്വരൂപമാണ് അപ്പോ അതുവരെ ഉണ്ടായിരുന്ന വിഭ്രാന്തി മാറി ഓ ഇതാണ് സത്യം അത് സാക്ഷാത്കാരത്തിന് വിഷയമാകുന്ന ഒന്നല്ല അതൊരു വലിയ വെളിപ്പെടലാണ് അത് ബോധ്യപ്പെട്ടാൽ അവിടെ അവൻ കൃതകൃത്യനായിത്തീരുന്നു ആ സാക്ഷാത്കാരത്തിന് വിഷയമാണെന്ന് അത് കരുതി അവൻ ചെയ്ത എല്ലാ അഭ്യാസങ്ങളും അതോടെ അവസാനിക്കുന്നു ആ വിഷയത്തിൽ അവൻ നിശ്ചിന്തനായിത്തീരുന്നു അത് സാക്ഷാത്കരിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയം അവിടെ ഇല്ലാതാകുന്നു അത് ഞാൻ സാക്ഷാത്കരിക്കും എന്നുള്ള നിശ്ചയത്തിന് കാരണമായിരുന്നു അജ്ഞാനം നശിക്കുന്നു അത് വെളിപ്പെടുകയാണെങ്കിൽ ആ ബോധം ഉള്ളിൽ ഉണ്ടാകുകയാണെങ്കിൽ അവിടെയുള്ള വിപരീത ഭാവനകൾ അജ്ഞാന സംശയങ്ങളെല്ലാം അവൻ അതിൽ നിശ്ചിന്തനായിത്തീരുന്നു അവനതിൽ കൃതകൃത്യനായി തീരുന്നു അത് പിന്നെയാണ് ബ്രഹ്മത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് ആ ജ്ഞാനം അത് അപരോക്ഷം തന്നെ ആ എന്തുകൊണ്ട് എല്ലാ ജ്ഞാനത്തിനും അപരോക്ഷമായിരിക്കാൻ കഴിയും ഒരു ജ്ഞാനത്തിനും പരോക്ഷമായിരിക്കാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് ഭാഷകാരനോട് പറയുന്നത് എന്താണ് ബ്രഹ്മ ജ്ഞാനം പ്രത്യക്ഷമാണ് ബ്രഹ്മം പ്രത്യക്ഷമാണ് അത് പ്രത്യക്ഷമാണ് അതപരോക്ഷമായിരിക്കുന്നുള്ളു അത് പ്രത്യക്ഷമെന്ന് ആ ജ്ഞാനം ആ ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയവിവരങ്ങളെ നശിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ജ്ഞാനത്തെ പറയുന്നത് യഥാർത്ഥമായ ജ്ഞാനമാണ് അജ്ഞാന സംശയ വിവരങ്ങളോടുകൂടി ഇരിക്കുമ്പോൾ ആ ജ്ഞാനം അപരോക്ഷമാണെങ്കിലും അതിനെ നമുക്ക് യഥാർത്ഥ ജ്ഞാനം എന്ന് പറയാൻ പറ്റും അങ്ങനെയൊക്കെ ഇതെല്ലാം കടന്നു വരുന്നുണ്ട് അപ്പൊ യഥാർത്ഥ ജ്ഞാനത്തിൽ പിന്നെ പരാതിയില്ല ഇതാണോ ഇത് സാക്ഷാത്കാരത്തെ സംബന്ധിച്ച് മാത്രമല്ല ആത്മാവിന്റെ നിത്യ സുദ്ധമുക്ത സ്വരൂപം അത് സച്ചിതാനന്ദമാണ് വിജ്ഞാനമാണ് ആനന്ദമാണെന്ന് പറയുന്നിടത്തെല്ലാം ഏതെല്ലാം ശബ്ദങ്ങൾ ആത്മസ്വരൂപത്തെ വെളിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു അവിടെയെല്ലാം ഈ അജ്ഞാന കൂടാതെ അതിൻ്റെ താൽപ്പര്യം ബോധ്യപ്പെടുന്നു അതിന് ബ്രഹ്മവിദ്യ എന്ന് പറയുന്നു ആ വിദ്യ അത് സ്വയം പ്രകാശമാണ് അതുകൊണ്ട് അത് ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കുന്നുണ്ട് ആ വിദ്യ ബ്രഹ്മത്തിൽ നിന്ന് വേറെ തന്നെ അതുകൊണ്ടാണ് അത് സ്വയം പ്രകാശം അഗ്നിയുടെ വെളിച്ചം അഗ്നിയിൽ നിന്ന് വേറെയല്ല അതുകൊണ്ട് അഗ്നി അത് വെളിച്ചമാണ് അല്ലാതെ അഗ്നിയുടെ പ്രകാശം അത് വെളിച്ചമാണ് എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം ഒന്നു തന്നെ അതും അഗ്നി തന്നെ അതുകൊണ്ട് ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഏതൊരു ജ്ഞാനമാണോ ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയ വിപര്യങ്ങളെല്ലാം ദൂരീകരിക്കുന്ന ജ്ഞാനമാണ് അതും ആ ബ്രഹ്മം തന്നെയാണ് അത് ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടല്ല അങ്ങനെ വേറിട്ടൊരു ജ്ഞാനം ഉണ്ടായി അതുണ്ടായി നശിച്ചു എന്നെല്ലാം പറയുമ്പോൾ വീണ്ടും ദുരിതം വരും എന്നാലും അങ്ങനെ പറയും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിട്ട് അതിൽ ഭ്രാന്തി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ ജ്ഞാനം ആ ബ്രഹ്മം തന്നെയാണ് അതുകൊണ്ട് പറയുന്നു എന്താണ് സർവഭേദവും ബ്രഹ്മത്തിൽ പ്രതീതമാകുന്ന സർവഭേദവും ആ ബ്രഹ്മത്തിൽ നിന്ന് വേറെയല്ല അഭേദമാണോ കാരണം എല്ലാം പ്രതീ എല്ലാ പ്രതീതികളും നിലനിൽക്കുന്നത് എവിടെ ഈ ബോധത്തിലാണ് ബ്രഹ്മത്തിലുള്ള അജ്ഞാന സംശയങ്ങളെ ദൂരീകരിച്ച ബോധത്തിലാണ് അത് പ്രതീതമാകുന്ന ഒന്നും അതിൽ നിന്ന് വേറെയാകാൻ വേണ്ടിയില്ല അതുകൊണ്ടവിടെ ഭയത്തിന്റെ നിമിത്തങ്ങൾ വാസ്തവത്തിൽ നിലനിൽക്കുന്നില്ല അതുകൊണ്ട് ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ച് വാസ്തവത്തിലുള്ള ഭയം അനുഭവപ്പെടുന്നില്ല അതുകൊണ്ട് പറഞ്ഞില്ല വിഭേദി കുത്തശ്ചന ഒന്നിനെയും ഭയപ്പെടുന്നില്ല മനോമയയിച്ച ഉദാഹൃതോ മന്ത്രോ മനസ്സോ ബ്രഹ്മവിജ്ഞാന സാധനത്വാ മനസ്സെന്ന് പറയുന്നത് ബ്രഹ്മവിജ്ഞാനത്തിനൊരു സാധനമാണ് ആ മനസ്സിലാണ് ഈ അജ്ഞാന സംശയ വിപരീയങ്ങളെല്ലാം നിലനിൽക്കുന്നത് എല്ലാം മനസ്സിലാണ് ആ മനസ്സ് തന്നെ ശുദ്ധമാകുമ്പോ സാത്വികമാകുമ്പോ അതത് ബ്രഹ്മവിജ്ഞാനത്തിന് സാധനമായി തീരും അതുകൊണ്ട് ബ്രഹ്മത്തിന്റെ അനുഭവമില്ല എന്ന് ആരും പരാതിപ്പെടേണ്ട കാര്യമില്ല പരാതിപ്പെടാം എന്താണോ എനിക്ക് സ്വർഗത്തിന്റെ അനുഭവമില്ല ദേവന്മാരുടെയും ദേവിമാരുടെയും അനുഭവമില്ല ശിവന്റെയും വിഷ്ണുവിന്റെയും അനുഭവമില്ല ഇതൊക്കെ നമുക്ക് പരാതിപ്പെടാം സമാധിയുടെ അനുഭവമില്ല അതിന്റെയൊക്കെ അനുഭവം ഉണ്ടാവേണ്ടതാണ് ഉണ്ടായില്ലെങ്കിൽ നമുക്ക് പരാതിപ്പെടാം പക്ഷെ അനുഭവത്തെ സംബന്ധിച്ച് പരാതിപ്പെടുന്ന വ്യർത്ഥമാണ് തത്ര ബ്രഹ്മത്വം അധ്യാരോപ്യ തൊത്യർത്ഥം ന വിഭേദി കഥാജനേതി ഭയമാത്രം പ്രതിഷിദ്ധം ഇഹ അദ്വൈതവിഷയേ വിഭേദി കുതശ്ചനേത് ഭയനിമിത്തമേവ പ്രതിഷിദ്ധ്യത ഇവിടെ പറഞ്ഞെന്താണ് മനസ്സ് ബ്രഹ്മവിജ്ഞാനത്തിന് സാധനമാണ് അത്രയുള്ളൂ ഏതൊരു വിജ്ഞാനമാണോ ഭയ അജ്ഞാനത്തെ അതുകൊണ്ട് തന്നെ സർവത്ര പറയുന്നു ജ്ഞാനാഗ്നി സർവകർമാണ ഭസ്മസാത് കുരുദേശ ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു അത്രയേ ഉള്ളൂ വളരെ ലളിതമായൊരു കാര്യമാണ് ആ സാധനമാണ് മനസ്സ് അതെങ്ങനെ സാധനമായി തീരുന്നു അത് സ്വയം ജ്ഞാനമയമായി തീരും അത് സാധനമായി തീരും വിറകെന്ന് പറയുന്നത് ഇത് ഇരളിനെ മാറ്റുന്നതിന് ഒരു ഉപായമാണ് സാധനമാണ് അതെങ്ങനെയാകും വിറകിനെങ്ങനെ ഇരളിനെ മാറ്റാൻ പറ്റും പക്ഷേ അത് സ്വയം അഗ്നിമയമായി തീരുമ്പോൾ ആ വിറക് തന്നെ സ്വയം വിരലിനെ മാറ്റുന്നതിന് സാധനമായി തീരുന്നു എന്ന് വിചാരിച്ച് വെളിച്ചം എന്ന് പറയുന്നത് വിറകിൽ അവസാനിക്കുന്ന ഒന്നാണോ അല്ല പക്ഷെ എന്ന് പറയുന്നതാണോ വിറകല്ല പക്ഷെ അത് സ്വയം അഗ്നിമയമായി തീരുമ്പോൾ അതിനെ ദഹിപ്പിക്കാനും ഇരുട്ടിനെ അതുപോലെയാണ് മനസ്സിന്റെ സ്ഥിതി അത് പറയുന്നു എന്താണ് തത്ര ബ്രഹ്മത്വം അധ്യാരോപ്യ അതിൽ ബ്രഹ്മത്വത്തെ ആരോപിച്ചിട്ട് മനസ്സിൽ തസ്തുത്യർത്ഥം നബിഭേദി പതാകനുമ്പ് പറഞ്ഞു ഒന്നിനെയും ഭയപ്പെടുന്നില്ല ആ ബോധത്തിൽ ഒന്നിനെയും ഭയപ്പെടുന്നില്ല എന്ന് പറയുന്നത് അനുസ്തുതിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭയമാത്രം പ്രതിഷേധം ഒന്ന് ഭയത്തെ നിഷേധിക്കും ഇഹ ഇവിടെ വീണ്ടും ഭയത്തെ നിഷേധിക്കുന്നതെന്തിനു വേണ്ടി അദ്വൈത വിഷയേ ന വിഭേദി പുതസ്സിനേദി ഭയനിമിത്തമേവ പ്രതിഷേധിക്കും ഇവിടെ ഭയനിമിത്തെയും നിഷേധിക്കും ദ്വൈതമുണ്ടെങ്കിലല്ലേ ഭയനിമിത്തമാണ് രണ്ടു കാര്യങ്ങളും നിഷേധിക്കുന്നു ഒന്നും ഭയമില്ല രണ്ടു ഭയത്തിന്റെ നിമിത്തങ്ങളില്ല പറഞ്ഞല്ലോ അച്ഛന് മാത്രമേ ഭയത്തിന്റെ ഉണ്മയുള്ളൂ എന്തുകൊണ്ട് അച്ഛന് ഈ പ്രപഞ്ചത്തിന്റെ ഉണ്മയുള്ളതുകൊണ്ട് വിദ്വാനെ സംബന്ധിച്ചിടത്തോളം ആത്മാവല്ലാതെ മറ്റൊന്നിനും ഉണ്മയില്ല വിദ്വാനെ സംബന്ധിച്ച് ഭയത്തെയും നിഷേധിക്കുന്നു ഭയത്തിന്റെ നിമിത്തങ്ങളെയും നിഷേധിക്കുന്നു എന്നർത്ഥം വിദ്വാനെ സംബന്ധിച്ച് ഭയവും ഭയനിമിത്തവും ജ്ഞാനെ സംബന്ധിച്ച് പറയുകയാണ് കേവലം പ്രതീതി മാത്രം ജ്ഞാനി എന്ന് പറയുന്നത് തത്വജ്ഞാനത്തെ പ്രാപിച്ച് ശരീരത്തോടുകൂടി ഇരുന്ന് പ്രപഞ്ച വ്യവഹാരങ്ങൾ ചെയ്യുന്നവനാണ് ശരീര നശിച്ചവനാണ് ഇവിടെ ജ്ഞാനി എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ ഭയത്തിൽ ഉണ്മയില്ല ഭയനിമിത്തങ്ങളുണ്ട് രണ്ടിവിടെ പറയുന്നു ഭയം നിഷേധിക്കുന്നാണെന്നു പറഞ്ഞാൽ വിധേദി കഥാപന ഇവിടെ ഭയനിമിത്ത നിഷേധിക്കാൻ വേണ്ടി ഇവിടെ രണ്ടാമണ പറഞ്ഞത് വീണ്ടും അവിടെ സംശയമുണ്ടാവാൻ അനു അസ്ഥി ഭയ നിമിത്തം സാധു അകരണം പാപക്രിയാച്ചത് വരാമല്ലോ നമ്മൾ സാറിന് പറയാറുണ്ട് സത്പ്രവൃത്തികൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ ആരെ ഭയക്കും ഈശ്വരനെ ഭയക്കണോ ഗുരുവിനെ ഭയക്കുന്നു ഭയക്കേണ്ട കാര്യങ്ങൾ എന്തുകൊണ്ട് ഞാൻ എന്റെ മനസ്സ് എന്റെ വാക്ക് എന്റെ പ്രവൃത്തി ശുദ്ധമാണ് അതുകൊണ്ടൊന്നിനെയും ഭയക്കേണ്ട കാര്യമില്ല മറിച്ച് പാപക്കെറിയ ഞാൻ എന്തെങ്കിലും പാപപ്രവൃത്തി ചെയ്താലും ഭയക്കണം ഗുരുവിൽ നിന്ന് ശിക്ഷ ഉണ്ടാവും ഈശ്വരൻ ശിക്ഷിക്കും അല്ലെങ്കിൽ എന്റെ കർമ്മങ്ങൾ തന്നെ എനിക്ക് ശിക്ഷ വരും ഇതാണല്ലോ ഭയം ഇങ്ങനെയാണല്ലോ ഉണ്ടാകുന്നത് വിവേകികൾക്ക് ഉണ്ടാകുന്ന ഭയത്തെക്കുറിച്ച് പറയൂ അവിവേകികൾക്ക് ചിലപ്പോൾ അതിലൊന്നും ഭയം ഉണ്ടാകില്ല ഒരു വിവേകിയെ സംബന്ധിച്ചാണ് ഇവിടെ വേദാന്ത ചർച്ച വിവേകിയെ സംബന്ധിച്ചത് വിവേകിയുടെ വിഷയമേ അല്ല അതിനെ കുറിച്ച് പറയുകയാണ് വിവേകി സദാസത്കർമ്മങ്ങളെ മുഴുകിയിരിക്കുന്നു അതുകൊണ്ട് പാപനിമിത്തമായിട്ടുള്ള ഭയമില്ല സത്പ്രവൃത്തികൾ ചെയ്യാത്തുകൊണ്ട് വരുന്ന ഭയവുമില്ല വിവേകിച്ച് ആ വിവേകിയാണ് ഞാനിയാകുന്നത് അജ്ഞനല്ല അവിവേകിയ പാമരനല്ല അത് സാധ്യമല്ല വിവേക സമ്പാദിച്ച അയാൾ ഇവിടെ പറയും തപസ് അതുകൊണ്ടാണ് ഞാനിയാകുന്നത് അപ്പോൾ അയാളിൽ പാപ പുണ്യങ്ങളുടെയും വിവേകം ഇരിക്കുന്നുണ്ട് ഇന്നത് പാപമാണ് ഇന്നത് പുണ്യമാണ് ആ വിവേകമുണ്ടോ അത് നഷ്ടപ്പെടുന്നില്ല അവിടെ ഞാൻ സപ്രവൃത്തി ചെയ്യുന്നില്ല അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നു ശരീരം ധരിക്കുന്നു അതുകൊണ്ട് ഒഴിവാക്കാൻ വയ്യാത്ത പാപ സ്ത്രീകൾ എന്നിന് അങ്ങനെ വന്നുകൂടി അതെന്താണ് ഒഴിവാക്കാൻ പോയ്യാത്ത പാപക്രിയ പാപന്നുവരുന്ന ഹിംസ ശിഷ്യനെ ശാസിക്കുന്നു അതൊരു ഹിംസയാണ് ശാസിക്കുമ്പോൾ വാക്കുകൊണ്ട് ശിഷ്യന്റെ മനസ്സ് വേദി അത് ഹിംസയായി ധർമ്മത്തെ നിലനിർത്താൻ ആ ധർമ്മത്തെ ാക്കാൻ ഒക്കെയുള്ള വാക്കും പ്രവൃത്തിയും വിചാരവുമെല്ലാം ഫലത്തിൽ ഹിംസയുണ്ടാകുന്നു അവതാരപുരുഷന്മാരും മറ്റും നേരിട്ട് ഹിംസിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ തത്വജ്ഞാനിയിലും ഇതൊക്കെ വ്യവഹാരത്തിൽ സംഭവിക്കുന്നുണ്ട് സാധു അകരണം പാപക്രിയ സംഭവിക്കുന്നുണ്ടല്ലോ അത് ഭയത്തിന് കാരണമായി തീരത്തില്ലേ വീണ്ടും ചോദിക്കണം കാരണം വിവേകത്തെ ആശ്രയിച്ച് ചോദിക്കുന്നു ഒരു വിവേകിയെ സംബന്ധിച്ച് ഇതൊക്കെ പാപത്തിന് ഭയത്തിന് കാരണമായി തീരും തത്വവിജ്ഞാനയിലും അത് സംഭവിക്കാമോ ദൈവം ഒരിക്കലും സംഭവിക്കത്തില്ല അങ്ങനെയും ചിന്തിക്കണം ശിശുവിനൊരിക്കലും അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല ഗുരുവിന് പാപമല്ലോ ഗുരു തന്നെ ബോധിപ്പിച്ചെന്താണ് ഇന്നത് ചെയ്യാതിരുന്നാലും പാപമാണ് ഇന്നത് ചെയ്താലും പാപമാണ് താൻ നോക്കുമ്പോ ഗുരു അതൊന്നും ചെയ്യുന്നതായി കാണുന്നു ഗുരുവിനും പാപം വരേണ്ടതല്ലേ പറയുന്നു ദൈവം അതൊരിക്കലും സംഭവിക്കുന്നില്ല കഥം അതങ്ങനെ സംഭവിക്കാതിരിക്കണം ഗുരുവിനെന്തുവാകാൻ ശിഷ്യനൊന്നും പാടില്ല എന്നാണ് കഥം യുറ്റിച്ചതേ ഗുരുവിന്റെ ഉപദേശങ്ങളൊന്നും ഗുരുവിന് ബാധമല്ലെന്ന് പറഞ്ഞാൽ ശിഷ്യന്റെ യുക്തിയും ബുദ്ധിയൊന്നും അംഗീകരിക്കത്തില്ല നമ്മളെപ്പോഴും ഗുരുവിനെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ വരുന്ന സംശയമാണ് എന്നോട് ഇന്നതൊക്കെ ആയിരിക്കണം എന്നുള്ളു അല്ലെങ്കിൽ ദോഷം ഉണ്ടെന്ന് പറഞ്ഞു ഗുരു അതങ്ങനെ ചെയ്യുന്നു എന്നോട് കള്ളം പറയരുതെന്ന് പറഞ്ഞു കള്ളം പറയുന്നു അത് അങ്ങനെ സംശയിക്കാത്തവരാരും കാണും എല്ലാവരും ഗുരു ഭക്തന്മാരാണ് പക്ഷെ എന്നാലും ഇതെല്ലാം വരും ചിലപ്പോൾ അത് പുറത്ത് പ്രകടിപ്പിക്കത്തില്ല ഭയഭക്തി ബഹുമാനങ്ങളെ കൊണ്ട് പക്ഷെ ഉള്ളിന്റെ ഉള്ളിലെവിടെയോ ഈ സംശയങ്ങൾ കിടക്കാം അതൊക്കെ ആകാമോ ഗുരുവിനെ സംബന്ധിച്ച് അതുപോലെ പക്ഷെ ഇവിടെ പറയുന്നു അതൊന്നും സംഭവിക്കത്തില്ല സാധു അകരണവും പാപക്കറിയും രണ്ടും ഗുരുവിൽ ദോഷത്തെ ഉണ്ടാക്കുന്നില്ല അതിനടുത്ത് മന്ത്രത്തിൽ പറയുന്നത് കുത്തശ്ചനേതി ഏതം ഹാവന തപതി അസാധു സാധു നരവംഹം പാപം അകരവം സിദ്വാൻ ഏതേ ആത്മാനം സ്ഫണുതേ ഉഭൈഹേഷേ ആത്മാനസ്മു വേദ